അവർ ജാലൂത്തിൻറെയും അവൻറെ സൈന്യത്തിൻറെയും മുന്നിൽ വന്നപ്പോൾ ഇപ്രകാരം പ്രാർത്ഥിച്ചു ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾക്ക് ക്ഷമ ചൊരിയണമേ ഞങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തേണമേ സത്യനിഷേധികളായ ജനതയ്ക്കെതിരെ ഞങ്ങൾക്ക് വിജയം നൽകേണമേ